നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കൃഷിയിടം പോലെയാണ് അതിനാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങളുടെ കൃഷിയിടത്തിൽ പ്രവേശിക്കുക നിങ്ങളുടെ പരലോകത്തിനായി മുൻകൂട്ടി തയ്യാറെടുക്കുക അള്ളാഹുവിനെ ഭയപ്പെടുകയും നിങ്ങൾ അവനെ കണ്ടുമുട്ടുമെന്ന് അറിയുകയും ചെയ്യുക വിശ്വാസികൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക